മിന്നൽ അവരുടെ തട്ടി തട്ടിയെടുക്കാൻ ഏകദേശം അടുക്കുന്നു അതവർക്ക് പ്രകാശം നൽകിയാൽ അവർ അതിൽ നടക്കുന്നു ഇരുട്ടായാൽ അവർ നിൽക്കുന്നു അള്ളാഹു സുബഹാനുഹുവ താല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ മാറ്റിക്കളയുമായിരുന്നു തീർച്ചയായും അള്ളാഹുസുബഹാനുഹുവ താല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്